മാണാഭ്യം വസ്തു ആദ്യം ഒരു വസ്തുവിനെ ശ്രദ്ധിക്കണമെങ്കിൽ ലക്ഷണം ചിന്തിക്കുന്നു സ്വപ്രകാശം ചിതാത്മാവ ചിതാത്മാവിന്റെ സ്വപ്രകാശത്തെ ശ്രദ്ധിക്കുന്ന ലക്ഷണം പറഞ്ഞു അതിന് പതിനൊന്ന് ലക്ഷണം പറഞ്ഞു പതിനൊന്നിനും ദോഷം പറഞ്ഞു അത് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തു എത്ര ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ഏ ഇരുപത്തി അഞ്ച് ക്ലാസ് അത് ഏ ഇരുപത്തി ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ഇരുപത്തി ആറ് ചർച്ച ചെയ്യാൻ കാരണം അത് ഒരുവിധം വ്യക്തമായി ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് താകെ രണ്ടേ രണ്ട് ക്ലാസിന്റെ കാര്യങ്ങൾ വേറെ രണ്ട് ക്ലാസ്സിലേ ചർച്ച ചെയ്തിട്ടുള്ളു അപ്പൊ എത്ര വിശദമായി ചർച്ച ചെയ്തിരിക്കുന്നു രണ്ട് ക്ലാസ് എന്ന് പറയുമ്പം കൃത്യമായി പറഞ്ഞാൽ ഒരു ഇടയ്ക്ക് വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂടെ എൺപത് മിനിറ്റ് അത്ര ചർച്ച അത് നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചർച്ചയും ചെയ്താൽ കൂടുതൽ വ്യക്തത വരും അത് വരും നമ്മൾ കൂടുതൽ ചിന്തിക്കുകയും ചർച്ചിക്കുകയും ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞും പോകാം രണ്ടു തരത്തിൽ പോകാം അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ചർച്ചയും ചെയ്തു അത് ഇനിയും ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചാൽ കൂടുതൽ ചർച്ച ഇനിയും കാണും അപ്പൊ ഇത് ഇപ്പൊ ലക്ഷണത്തെ കുറിച്ചുള്ള ചർച്ചയാണ് ഇനി അടുത്ത് പ്രമാണമാണ് പ്രമാണം എന്ന് പറഞ്ഞാൽ സ്വപ്രകാശത്തിന് എന്താ പ്രമാണം സ്വപ്രകാശത്തിന് പ്രമാണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അനുമാനമാണ് അനുമാന പ്രമാണത്തെ ചർച്ച ചെയ്യുന്നത് അനുമാന പ്രമാണത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് അനുമാന പ്രമാണത്തെ കൊണ്ടുവരുമ്പോൾ അതിൽ വരുന്നത് ഹേത്തോപാസങ്ങളാണ് ഇപ്പൊ ഒരു അനുമാനം പറയുന്നു ഉടനെ ഹേത്വപാസം പറയുന്നു അസാധാരണ അനേകാന്തികനാണ് സപ്രതിപക്ഷനാണ് ഉപാധിയാണ് ഇത് മൂന്നുമാണ് പ്രധാനമായിട്ട് വരുന്നത് അനേകാന്തികത്വം സപ്രതിപക്ഷത്വം ഉപാധിത്വം അപ്പൊ ഉപാധിയൊക്കെ വരുമ്പം ഒരുപാട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് നമുക്ക് ശരിക്കും മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പറ്റത്തില്ല ഇവിടെ അനുമാനം ഒന്നുപോലും വന്നിട്ടില്ല അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ തർക്കസംഗ്രഹത്തിലെ അനുമാന പ്രകടനത്തിലെ ഹേത്വാഭാസ് നല്ല ഓർമ്മ വേണം അല്ലാത്തവർക്ക് ഒരു ഒരു സാധ്യതയില്ല ഇതിലേക്ക് യാതൊരു ഇതുപോലെയല്ല ഇത് അതില്ലെങ്കിലും ഓർമ്മിക്കാം കുറച്ച് നമ്മുടെ സാമാന്യ വ്യക്തി വച്ച് കുറച്ച് പദാർത്ഥം ഞാനും അല്ല പുതിയ കാര്യങ്ങളാണെങ്കി ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇപ്പൊ പ്രഭാകരൻ പ്രഭാകരന്മാർ അഖ്യാതവാദികളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്നു പറഞ്ഞു അതിനുവേണ്ടി അവരുടെ മീമാംസ പഠിക്കണമെന്നില്ല പൂർവക്ഷങ്ങൾ ഇതി മനസ്സിലാക്കി പോകാം പക്ഷെ പ്രമാണ ചർച്ച വരുമ്പോൾ അത് പറ്റത്തില്ല അവിടെ എന്താണ് ഹിത്വാഭാസം എന്ന് നമ്മൾ അറിഞ്ഞു തന്നെ ഇരിക്കണം എന്താണ് സാധാരണ അനൈകാന്തി എന്താണ് ഉപാധി ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നത് അത് വിശദീകരിക്കുമ്പം വീണ്ടും അത് വിശദീകരിക്കും പക്ഷേ ആ വിശദീകരണങ്ങൾ ഇതുപോലെ തന്നെ പല കാര്യങ്ങളിപ്പോൾ വിശദീകരിച്ചവർ നിൽക്കും മനസ്സിലായതിൽ അവിടെ നിന്നൊക്കെ ശ്രമിക്കാം എന്നാലത് നേരത്തെ അറിഞ്ഞിരുന്നാൽ എന്താണ് സാധ്യാഭാവ എന്താണ് സാധ്യവ്യാപകത്വം സാധന ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ സംഗതി എളുപ്പമാണ് അല്ലെങ്കിൽ കൂടുതൽ സമയം പിടിക്കും നല്ല ഉപസ്ഥിതമാണെങ്കിൽ ഇപ്പത്തുടങ്ങാം ആണോ ഏത്തോപാസം മൂലമെങ്കിലും കുറഞ്ഞ പക്ഷേ ഉപസ്ഥിതമാണോ ലക്ഷണങ്ങളും ഉദാഹരണങ്ങളും എല്ലാം അറിയാമോ അറിയാമെങ്കിൽ ഇപ്പൊ തുടങ്ങാം ഏ പറഞ്ഞാ മനസ്സിലാവൂന്ന് എനിക്കറിയാം ഒരിക്കൽ പഠിച്ചിട്ടുള്ളവർക്ക് ഇപ്പൊ അറിയാമോന്നുള്ളതാണ് ശരിയാണ് പറഞ്ഞാൽ മനസ്സിലാവും പഠിച്ചിട്ടുള്ളവർക്ക് ഇപ്പൊ അറിയാമോന്നുള്ളതാണ് ഉപാധി ഏതെല്ലാം തരത്തിൽ വരാം അതിന്റെ നമ്മളെ വ്യാഖ്യാനങ്ങളും കൂടെ അറിഞ്ഞിരുന്നാൽ വളരെ സഹായകമാണ് ആ ക്ലാസ്സുകൾ കേട്ടേ പറ്റൂ അല്ലെങ്കിൽ വായിക്കുമ്പോൾ മനസ്സിലാവണം അപ്പൊ ഇപ്പം നിങ്ങളുടെ ഒരു നിലപാട് കണ്ടിട്ട് ഞാൻ അധ്വാനിക്കട്ടെ എന്നുള്ളൊരു നിലപാടാണ് ഞങ്ങൾ നോക്കാം കേട്ടു നോക്കാം നമുക്കന്നാ ഇഷ്ടം എന്താ ഇരുന്ന ഹതി അല്ലേ അധ്വാനി അധ്വാനിക്കേണ്ടവര് ചെയ്ത് അധ്വാനിച്ചോളൂല്ലോ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇവിടെ ഇപ്പോൾ പറഞ്ഞ ലക്ഷണമാണ് എല്ലാത്തിനേയും കണ്ണിച്ചു അതിന്റെ സിദ്ധാന്ത ഭാഗത്തിലേക്ക് പോകാം ഇടയ്ക്കുള്ള പ്രമാണം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വരാം ഇടക്ക് ആ ഭാഗം വിടുകയാണ് തൽക്കാലത്തേക്ക് ലക്ഷണത്തിന് പൂർവ്വപക്ഷി പറഞ്ഞല്ലോ അതിന് സിദ്ധാന്തി എന്താ മറുപടി പറയുന്നത് അവിടെ ഒരു അനുമാനത്തിന്റെ ആവശ്യമില്ല ഇത്രയും കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് അതിനൊരു ഗുണകൂടെ ഉണ്ട് കാരണം ഈ ലക്ഷണം കഴിഞ്ഞ് ഇനി പ്രമാണത്തിലേക്ക് പോയി കഴിഞ്ഞോ അനുമാന ഹേത്വവാസം ഇതെല്ലാം വരുമ്പോൾ ഈ പതിനൊന്ന് ലക്ഷണവും മറന്നു ഇതൊന്നും പോലും കാരണം അതൊരു വേറൊരു പ്രളയമാണ് ഈ പ്രളയത്തിൽ വരുമ്പോഴത്തേക്ക് പഴയ പ്രളയം നമ്മൾ മറന്നു അത് പോയി ഈ പ്രളയത്തെ കുറിച്ചാണ് പിന്നെ ശ്രുതി ശ്രുതി പറഞ്ഞ പിന്നെ സംഗതി തീർന്നല്ലോ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ പതിനാറാമത്തെ പേജിലേക്ക് പോവുക നിങ്ങൾ അത് മറക്കുന്നു ചർച്ച ചെയ്യാൻ വേണ്ടി കൂടെയാണ് അത്ര ഉച്ചയത്തേ കണ്ടല്ലെല്ലാവരും അപരോക്ഷ്യവഹൃദം നമ്മുടെ അപരോക്ഷ ലക്ഷണ സംഭവ കൂത എന്നുവെച്ചത് ഈ പറയുന്നത് ഈ പാട്ട് പതിനൊന്നാമത്തെ ലക്ഷണമാണ് എന്താണത് അവസ്ഥ അവരോക്ഷ വ്യവഹാര യോഗ്യത്വം അപ്പൊ ഇത് ഓരോ പുതിയ പുതിയ സബ്ജക് സബ്ജക്ടിലേക്കും ചുസ്സുകാചാര്യം മറന്നു ഓരോ പാട്ടും പാടിയിട്ടാണ് വളരെ ഈസിയായി പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ മനസ്സ് കുറച്ച് ടെൻഷൻ കുറഞ്ഞിരുന്നാലേ പാട്ട് പാടാൻ പറ്റും അവിടെ ഇവിടെയും അടുത്തൊരു വിഷയത്തിലേക്ക് വരികയാണ് എന്ത് ലക്ഷണങ്ങളെ സമർത്ഥിക്കുകയാണ് ഒരു പാട്ട് ഈ പാട്ടെന്ന് പറയുന്ന ലക്ഷണം തന്നെ കൂടുതലായിട്ടൊന്നുമില്ല ആ ലക്ഷണമാണോന്ന് നമ്മൾ അതിശയിച്ചു അത്രയേ ഉള്ളൂ കൂടുതൽ ഇതിനകത്തൊന്നുമില്ല പറഞ്ഞാൽ എന്താണ് അസ്മാകം ഞങ്ങളുടെ പക്ഷത്തിൽ അധീപത അധീപതം എന്ന് പറഞ്ഞാൽ അവദ്യത്വം ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ബുദ്ധി ജ്ഞാനം അധി എന്ന് പറഞ്ഞാൽ ഏ ജ്ഞാനമില്ലാതിരിക്കുക അധിപദം എന്ന് പറഞ്ഞാൽ അവേദ്യത്വം ധീ വേദ്യം ആധി അവേദ്യം അധിപദം അവേദ്യത്വം ടീൽ കൊടുത്തിട്ടുണ്ട് എഴുതി വയ്ക്കണമെന്നില്ല അവേദ്യത്വം പിന്നെ അപരോക്ഷ വ്യവഹൃതേഹേ വ്യവഹൃതി എന്ന് പറയുന്നത് ഏത് പ്രത്യേകം വന്നിട്ടാണ് തിൻ വ്യവഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഖഞ്ഞ് വൃദ്ധി വന്നപ്പോഴും വ്യവഹാരം വന്നു ഹൃ ഭരണി എന്ന് പറയുന്നത് തിൻ വന്നാൽ വ്യവഹൃതി രണ്ടും അർത്ഥം ഒന്നു ഭാവാർത്ഥത്തിലാണ് അപ്പോ അവിടെ അവരോക്ഷ വ്യവഹാരം എന്ന് ഇവിടെ എന്ത് പറഞ്ഞു അപരോക്ഷ വ്യവഹൃതി അപ്പോ അവേദ്യത്വം വന്ന് അപരോക്ഷ വ്യവഹാരവും വന്ന് ഇനി ഏതാ ശേഷിക്കുന്നത് അയോഗ്യസാന്ന് വന്ന് എല്ലാം കൂടെ കൂട്ടിച്ചേർത്താ എന്ത് വരും അവേദ്യക്ഷ വ്യവഹാരോഗ്യത്വം സംഭവേ എന്ന് പറഞ്ഞാൽ ലക്ഷണമെന്നർത്ഥം ഞങ്ങളെ സംബന്ധിച്ച് സ്വപ്രകാശത്തിന്റെ ലക്ഷണം ഇങ്ങനെ ഭവിക്കാം എന്നിരിക്കെ എങ്ങനെ അവൈദ്യത്വസതി അപരോക്ഷ യോഗ്യത്വം അതീപതയുടെ അർത്ഥം അവൈദ്യത്വം അപരോക്ഷപഹൃതിയുടെ അർത്ഥം അപരോക്ഷ വ്യവഹാരം യോഗ്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം യോഗ്യത്വത്വം കൂടെ ചേർത്താൽ മതി അപ്പോൾ അവദ്യത്വസതി അപരോക്ഷോഹാരോഗ്യത്വസ് ഞങ്ങളുടെ ലക്ഷണ സംഭവേ സ്വപ്രകാശത്തിന്റെ ലക്ഷണം സംഭവിക്കാമിരിക്കെ ലക്ഷണ അസംഭവക്കുതഹ ലക്ഷണ അസംഭവം അങ്ങനെ വരും ഞങ്ങളതല്ലേ പറഞ്ഞു ലക്ഷണം ശരിയാകത്തില്ല എന്ന് പറഞ്ഞല്ലേ പതിനൊന്ന് ലക്ഷണങ്ങളെയും കണ്ണിച്ചല്ലേ ഇതങ്ങനെ ഞങ്ങളുടെ ലക്ഷണം പതിനൊന്നാമത്തതാണ് ഇതാണ് പാട്ടിന്റെ അർത്ഥം ആ അപ്പൊ ആ സംഭവം എന്താണ് ഇവിടെ ലക്ഷണത്തെ കുറിച്ചല്ലേ പറയുന്നത് അതുകൊണ്ട് ഇവിടെ നമ്മൾ ചേർക്കണം ലക്ഷണം സംഭവേ ലക്ഷണം സംഭവിക്കാമെന്നിരിക്കേ സ്വപ്രകാശ ലക്ഷണം സംഭവിക്കെ സ്വപ്രകാശ ലക്ഷണം അസംഭവം അപ്പൊ ഇവിടെ ലക്ഷ്യത്തെയും ലക്ഷണത്തെയും കാണിച്ചു ലക്ഷ്യം എന്താണ് സ്വപ്രകാശം ലക്ഷണം പറഞ്ഞു അത് വിശദീകരിക്കുന്നു താപത് സ്വയം പ്രകാശ ലക്ഷണ അസംഭവ സ്വയം പ്രകാശത്തിൽ ലക്ഷണം അസംഭവം എന്ന് പറയാൻ പാടില്ല സ്വയംപ്രകാശത്തിനും ലക്ഷണം സംഭവിക്കാം അസംഭവദോഷമില്ല എന്തുകൊണ്ട് പറയുന്നു അവേദ്യസതി അപരോക്ഷ ഉപകാര യോഗ്യതായ തൽക്ഷണത്വ അത് ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുകയാണ് ചർച്ച ചെയ്താണ് എന്താണ് അവദ്യത്വസതി അപ്രോക്ഷ വ്യവഹാര യോഗ്യത അല്ലെങ്കിൽ യോഗ്യത്വം ആണ് തല്ലക്ഷണത്വം തല്ലക്ഷണം എന്ന് പറഞ്ഞാൽ അപൂർവക്ഷരോഗ്യതാലക്ഷണ ധർമ്മ അംഗീകാരയെ അവ്യാപ്തിഹി അപരോക്ഷ വ്യവഹാര യോഗ്യത യോഗ്യതാ ലക്ഷണം എന്നു വെച്ചാൽ യോഗ്യതാ രൂപം ത്തിലുള്ള ഒരു ലക്ഷണത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ യോഗ്യതാ രൂപത്തിലുള്ള ഒരു ധർമ്മത്തെ ലക്ഷണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ യോഗ്യതാ ലക്ഷണ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് യോഗ്യതാ രൂപത്തിലുള്ള ധർമ്മം മറ്റേ അംഗീകാരേ എന്തീകരിച്ചു കഴിഞ്ഞാൽ ലക്ഷണമായി അംഗീകരിച്ചു കഴിഞ്ഞാൽ വരുന്നു എന്ന് പറയുന്നു അപരോക്ഷോഹാരോഗ്യത്വം ലക്ഷണം പറഞ്ഞാൽ അവ്യാപ്തി ദോഷം വരുന്നു എങ്ങനെ അനുത്തരണത്ത് പറയുന്നത് മോക്ഷദശായം തഥാസംഭവ മോക്ഷദശായം തത് അസംഭവ മോക്ഷദശയിൽ അത് അസംഭവമാണ് ഏത് ലക്ഷണം യോഗ്യത ലക്ഷണരൂപർമ്മം അത് മോക്ഷദശയിൽ സാധിക്കില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് മോക്ഷദശയിലെ ബ്രഹ്മം സുപ്രകാശമായ ആത്മാവെന്ന് പറയുന്നൊരു ധർമ്മകമാണ് നമ്മുടെ വരത്തില്ല നിങ്ങള് പറയുന്ന യോഗ്യത്വം എന്ന് പറയുന്ന ഈ ലക്ഷണം മോക്ഷദശയില് അദ്വൈതിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവിടെ ഒരു ധർമ്മമില്ലെങ്കിൽ പിന്നെ യോഗ്യത്വം അങ്ങനെ വരും അത് ശരിയാകത്തില്ല അഭ്യാപ്തി ദോഷം അടുത്തൊരു ദോഷം കൂടെ എന്താണോ അപസിദ്ധാന്ത ആപത്തിഷ്ഠ മോക്ഷദശയിൽ അവ്യാപ്തി ദോഷം അപസിദ്ധാന്തം എന്ന് പറയുന്നൊരു ദോഷമുണ്ട് എന്തുകൊണ്ട് പിന്നെ മോക്ഷദശയിൽ ഇല്ലെങ്കിൽ എവിടെയുണ്ടെന്ന് പറയേണ്ടി വരും സംസാരദശ വ്യവഹാരദശയിലുണ്ടെന്ന് പറയേണ്ടി വരും വ്യവഹാരദശയിൽ സ്വപ്രകാശമായ ചിതാത്മാവിൽ മറ്റൊരു ധർമ്മം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതഹാനി അദ്വൈതത്തിന് വിരുദ്ധമാണ് അദ്വൈത സിദ്ധാന്തമനുസരിച്ച് ബ്രഹ്മമല്ലാതെ രണ്ടെന്നോ രണ്ടാമതൊന്നുണ്ടോ എപ്പോഴെങ്കിലും വ്യവഹാരദിശയിലും ഇല്ല എല്ലാം ബ്രഹ്മം മാത്രമേ ഉള്ളൂ നിങ്ങൾ വ്യവഹാരദിശയിൽ നിങ്ങൾ പറയുന്നു അവിടെ ഒരു ധർമ്മം കൂടെ ഉണ്ടെന്ന് ഇങ്ങനെയാണ് സിദ്ധാന്തവിരുദ്ധമായതുകൊണ്ട് അപസിദ്ധാന്തം രണ്ടു ദിവസം മുമ്പ് മോക്ഷദശയിൽ ധർമ്മത്തെ സ്വീകരിച്ചാൽ അവിടെ അത് വരാത്തുകൊണ്ട് ധർമ്മത്തെ ലക്ഷണമായി സ്വീകരിച്ചാൽ അതവിടെ വരാത്തതുകൊണ്ട് അഭ്യാപ്തി വ്യവഹാരദശയിൽ ധർമ്മത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതവിടെ ഇരിക്കുന്നത് കൊണ്ട് അപസിദ്ധാന്തം അപ്പം മോക്ഷദശയിൽ ധർമ്മം ധർമ്മം ഇരിക്കുന്നുണ്ട് ദ്വൈതാപത്തി അവ സിദ്ധാന്തം അപ്പൊ പിന്നെ അങ്ങനെ ലക്ഷണം ശരിയാകും എന്ന് ചോദിക്കുന്നു ആണ് പറയുന്നത് എന്നുവച്ചാ യോഗ്യതാലക്ഷണധർമ്മം യോഗ്യതാരൂപ ധർമ്മ അംഗീകാരേ അങ്ങനെ ധർമ്മമാകുന്ന ലക്ഷണത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവ്യാപ്തി മോക്ഷദശയ സംഭവ അവ്യാപ്തി വരുന്നു മോക്ഷദശയിൽ അത് ഇല്ലാത്തത് കൊണ്ട് അവസിദ്ധാന്താവതിഷ്ഠ അവിടെ അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം പ്രിന്റ് ചെയ്യുമ്പോ അങ്ങനെ പ്രിന്റ് ചെയ്യും എന്നാൽ ഇടയ്ക്ക് സ്റ്റോപ്പ് കൊടുക്കാനും പറ്റത്തില്ല എന്തുകൊണ്ട് ഉച്ച വന്നുകൊണ്ട് ഒറ്റ യോഗ്യതാ ലക്ഷണ ധർമ്മ അംഗീകാരേ അഭ്യാപ്തി മോക്ഷദശയാം തഥാസംഭവാത്രയും പ്രത്യയം അവസിദ്ധാന്താവത്തി ഇത്രയും പൂർവക്ഷ പറയുമ്പോ സിദ്ധാന്തി പറയണെന്ത് സിദ്ധാന്തി എന്ത് പറയുന്നു പറയാം പറയുന്നു ീയം സിദ്ധാന്തി പറയുന്നു അങ്ങനെ ശങ്കിക്കരുത് അപ്പൊ എന്റെ ഇടയ്ക്കുള്ളതാണ് എന്ത് പൂർവക്ഷി പറയുകയാണെന്തു യോഗ്യതാ ലക്ഷണ ധർമ്മീകാരേ അഭ്യാപ്തിഹി മോക്ഷദേശായ സംഭവാ ഇത്രയും ആര് പറയുന്നു അപ്പൊ സിദ്ധാന്തി പറയുന്നത് ഇതി നജ സംഘനീയ അങ്ങനെ നിങ്ങള് സംശയങ്ങളൊന്നും ഉന്നയിക്കരുത് ഞങ്ങൾക്ക് നീ എന്താണ് ചോദ്യം അതുപാടില്ല കാരണം അതാണ് സിദ്ധാന്തം ആത്മാവിന്റെ ഒരു ധർമ്മവും ഇല്ല അതാണ് സിദ്ധാന്തം മുക്തി ദശയിൽ ഒരു ധർമ്മവും ഇല്ലെന്ന് പറയുന്നത് സിദ്ധാന്തം തന്നെ ദോഷമൊന്നുമില്ല പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു ഒരു ധർമ്മത്തെവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു ലക്ഷണമായി അതവിടെ ഇരിക്കത്തില്ല അപ്പോൾ ലക്ഷണം ലക്ഷണത്തിൽ ദോഷം അത് അതാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ദോഷങ്ങൾ വരുന്ന ബ്രഹ്മത്തിലല്ലോ വിനയോ ദോഷം വരുന്ന എവിടെയാണ് ലക്ഷണത്തിലാണ് നിങ്ങൾ ലക്ഷണം പറഞ്ഞു സ്വപ്രകാശത്തിന് ആ ലക്ഷണം മുക്തിദശയിൽ ഇല്ല എന്ന് പറയുന്ന സിദ്ധാന്തം തന്നെയാണ് എന്തുകൊണ്ട് മുക്തിദശ ഒന്നുമില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞ ലക്ഷണത്തിൽ എന്തു ചെയ്തു ഏ ലക്ഷണത്തിൽ എന്തുവന്നു അവ്യാപ്തി ദോഷമോ മുക്തിദശയിൽ ലക്ഷണമില്ലെന്ന് പറയുന്ന അദ്വൈതിക്ക് സന്തോഷമാണ് എന്തുകൊണ്ട് ഒന്നുമില്ല അത് നല്ലതാണ് സിദ്ധാന്തത്തിൽ ദോഷമൊന്നുമില്ല പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തോ പറഞ്ഞ ലക്ഷണത്തിൽ അഭ്യാപ്തി ദോഷം കാരണം ആ ലക്ഷണം അവിടെ അങ്ങനെ ഒരു ധർമ്മമേ അവിടെ ഇല്ലെങ്കിൽ ലക്ഷണം സമന്വയിക്കോ ലക്ഷണത്തി എപ്പോഴും മനസ്സിൽ ദോഷം ലക്ഷ്യത്തിലല്ല പറയുന്നു ബ്രഹ്മത്തിന് എന്തെങ്കിലും ദോഷം ഉണ്ടെന്നല്ലോ പറയുന്നു പിന്നെയോ ഇത് വ്യക്തമായി മനസ്സിലാകുന്നു വ്യാഖ്യാനങ്ങളിലൊന്നും അത് വിശദീകരിച്ച് പറയത്തില്ല ഇങ്ങനെയാണെന്നു അത് നമ്മളെ അടിസ്ഥാനമായ ഒരു അറിവാണ് തർക്ക സംഗ്രഹത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു വ്യാഖ്യാനത്തിൽ ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല മറിച്ച് അസംഭവ ദോഷ അതിവ്യാപ്തി നമ്മൾ വിചാരിക്കും ബ്രഹ്മത്തിൽ എന്തോ ദോഷം വന്നു ലക്ഷണത്തിന്റെ ലക്ഷണത്തിൽ ദോഷം വന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു ദോഷം ലക്ഷണത്തിലാണ് ലക്ഷ്യത്തിൽ അല്ല ആ ലക്ഷണത്തിൽ ദോഷം വരുന്നതിന് വേണ്ടി നമ്മൾ മനസ്സിലാക്കുന്നു ലക്ഷ്യത്തിൽ ലക്ഷണം ഇല്ല അത് രണ്ടാമത് അതും മനസ്സിലാകും എന്തുകൊണ്ട് ലക്ഷണത്തിൽ ദോഷം വന്നു ആ ലക്ഷണം ലക്ഷ്യത്തിൽ അത് രണ്ടാമത്തെയാണ് പിന്നെ ലക്ഷ്യത്തിൽ അത് ഉണ്ടാകുന്നത് ഗുണമാണോ അല്ലയോ എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയമാണ് അത് വേറൊരു വിഷയം ബ്രഹ്മത്തിൽ മുക്തി ദശയിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ അത് മറ്റൊരു വിഷയമാണ് അത് ബ്രഹ്മത്തിന്റെ കാര്യമാണ് ലക്ഷണത്തിന്റെ വിഷയമല്ല അതെന്ന് ലക്ഷ്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പം അവിടെ നേരത്തെ തന്നെ നമുക്ക് ഉദാഹരണമേണെന്താണ് ലക്ഷ്യമായ ബ്രഹ്മധർമ്മം ഉണ്ടോ ഇല്ലയോ ഇല്ലെങ്കിൽ എന്താ എന്താ അതിന്റെ അർത്ഥം ഇതൊക്കെ വേറെ മനസ്സിലാവും മോക്ഷദശയിൽ ഇവിടെ ലക്ഷണത്തിൽ ദോഷം വരുന്ന കാര്യം പറയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ലക്ഷണത്തിൽ ദോഷം വരുന്നു അതെന്തുകൊണ്ട് അതില്ലാത്തത് കൊണ്ട് ലക്ഷണത്തിൽ ദോഷം വരുന്നു എന്ത് ദോഷം വ്യാപ്തി ഉം അത് ഇവിടെ രണ്ട് ദോഷേ പറയുന്നുള്ളൂ ഒന്ന് അമ്പ്യാപ്തി മറ്റൊന്ന് അവസിദ്ധാന്തം രണ്ടു ദോഷയെ പറയുന്നു രണ്ടു ദോഷങ്ങളെ പറയുന്നുള്ളൂ അത് ഇവിടെ പറഞ്ഞാലും ദോഷം പറഞ്ഞാൽ ലക്ഷണത്തിൽ മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞത് അത് അവ്യാപ്തി ആയാലും അതിവ്യാപ്തി ആയാലും അസംഭവമായാലും രണ്ടാമത് മനസ്സിലാക്കണം വന്നു അപ്പൊ ലക്ഷ്യത്തെ കുറിച്ച് ലക്ഷ്യത്തിൽ ഒരു ഭാഗത്തില്ലാത്തത് കൊണ്ടാണോ അലക്ഷ്യത്തിൽ പോകുന്നുകൊണ്ടാണോ അതോ ലക്ഷ്യത്തിൽ ലക്ഷണം ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് മനസ്സിലാവും ദോഷത്തെ പ്രത്യേകം മനസ്സിലാക്കണം മറ്റതിന് പ്രത്യേകം മനസ്സിലാകണം ലക്ഷ്യത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാവും ഇവിടെ പറയുന്ന എന്താണ് ആദ്യം അമ്പ്യാപ്തി ആദ്യം പറഞ്ഞു കഴിഞ്ഞു മോക്ഷദശ എം തഥസംഭവ ആ ലക്ഷണം അസംഭവമാണെന്ന് വെച്ചാ അവിടെ ഇരിക്കുന്നില്ല അത് തന്നെ ലക്ഷണം ധർമ്മം തന്നെ ലക്ഷണം ഇരിക്കാത്തോണ്ട് എന്താ അവ്യാപ്തി എന്ന് പറയാൻ പറ്റില്ല വ്യാപ്തി അസംഭവല്ലോ അല്ല അവ്യാപ്തി എന്ന് പറയുന്നത് അസംഭവം എന്ന് പറയുന്നത് ദോഷങ്ങളാണ് അല്ല അത് അഭ്യാപ്തി എന്ന് പറയുന്നത് എന്താണ് ലക്ഷ്യ ഏകദേശ വൃത്തിത്വസതി അവർത്തിത്വം അതാണ് അവ്യാപ്തി അപ്പം അവിടെ അഭ്യാപ്തി ദോഷത്തെ കുറിച്ച് ചിന്തിക്കുമ്പം എന്തുകൊണ്ട് അവ്യാപ്തി വന്നു ലക്ഷ്യത്തിൻ്റെ ഒരു ഭാഗത്ത് ഇരിക്കുന്നു വേറെ ഭാഗത്ത് ഇരിക്കുന്നില്ല അത് അസംഭവദോഷമുണ്ട് അവിടെ അസംഭവം എന്ന് വെച്ചാൽ ഇരിക്കുന്നില്ല അപർത്തിത്വമാണ് അവിടെ ഇല്ല എന്നുള്ള അർത്ഥം അവൃത്തിത്വത്തിനെയും പറയാം ലക്ഷ്യകദേശ സംഭവതീ ലക്ഷകദേശ അസംഭവം അങ്ങനെ പറയാം അങ്ങനെ പറയുന്ന ദോഷം അപ്പോ അവിടെ അസംഭവം എന്ന് വെച്ചാൽ അവൃത്തിത്വം അത് ലക്ഷണത്തിൽ വരുന്ന കാര്യമാണ് ലക്ഷ്യത്തിന്റെ ഒരു ഭാഗത്തിൽ ലക്ഷണം ഇരിക്കുന്നില്ല അതുകൊണ്ട് ലക്ഷണത്തിൽ അവ്യാപ്തി ദോഷം അസംഭവം വരത്തില്ല ലക്ഷ്യ ഏകദേശ അസംഭവേ സതി ലക്ഷണേ അവ്യാപ്തി ദോഷ അസംഭവദോഷം പറയുന്ന അതുകൊണ്ടാണ് പറയുന്നത് ലക്ഷ്യം മാത്രം അസംഭവം ലക്ഷ്യത്തിൽ ഒരിടത്തും അസംഭവം അവരൊന്നും അങ്ങനെ നിങ്ങളെ ശങ്കിക്കരുത് എന്തുകൊണ്ട് യോഗ്യത്വ അത്യന്താഭാവ അനധികണത്വ സിദ്ധത്വ നിഷ്പ്രയാസം പരിഹരിക്കാന്നുള്ളതേ ഉള്ളൂ എന്താണ് യോഗ്യത്വ അത്യന്താഭാവ അനധികണത്വം അതുണ്ടോന്ന് നോക്കുക യോഗ്യത്വ അത്യന്താഭാവ അനധികരണത്വം ഇപ്പോ സംസാരദിശയിൽ അല്ലെങ്കിൽ വ്യവഹാരദിശ നോക്കുക അവിടെ യോഗ്യത്വം ഉണ്ടോ സംസാരദശയിൽ യോഗ്യത്വം ഉണ്ടോ അവസ്ഥ അപൂരോക്ഷ വ്യവഹാര യോഗ്യത്വം ഉണ്ടോ സംസാരദിശയിൽ നോക്കുക അവിടെ യോഗ്യത്വ അത്യന്താഭാവം ഉണ്ടോ അപ്പോ ആ സ്വപ്രകാശിതാത്മാ യോഗ്യ അത്യന്താഭാവത്തിന്റെ അധികരണമാണോ അപ്പൊ അനധികരണത്വം വന്നു ലക്ഷണം സമന്വയിച്ചു സംസാരദിശ സമന്വയിച്ചോ ഏ അങ്ങനെ ലക്ഷണം സമന്വയിച്ച അവസാനം വരുന്നു എങ്ങനെ പറഞ്ഞില്ലല്ലോ യോഗ്യത്വ അത്യന്താഭാവ അനധികരണത്വം ഉണ്ടെന്നു യോഗ്യത്വം ഉണ്ടെന്ന് പ്രശ്നം വീണ്ടും വരും യോഗ്യത്വ അത്യന്താഭാവം ഇവിടെ ഉണ്ടോന്നാണ് ഉണ്ടോ യോഗ്യത്വ അത്യന്താഭാവ അധികരണമാണോ യോഗ്യത്വ അത്യന്താഭാവ അനധികരണത്വമു യോഗ്യസല്ല യോഗ്യത്വ എന്ന് പറഞ്ഞില്ലല്ലോ യോഗ്യത്വ അത്യന്താഭാവ അനധികരണത്വന്നേ പറഞ്ഞല്ലോ യോഗ്യത്വം എന്ന് പറഞ്ഞല്ലോ ഇത് ഈ മറുപടി പറയാൻ കാരണം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ദോഷം ഉന്നയിക്കുന്ന ആരാണോ ഏ തർക്ക ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർ ഈ മറുപടിയാ പറയുന്നത് അവർക്ക് ബോധ്യപ്പെട്ടാൽ മതിയല്ലോ ആരാണോ ദോഷം ഉന്നയിക്കുന്നത് അവർക്ക് അവർക്ക് ബോധ്യപ്പെട്ടാ അവർ പറയുന്ന ഇതാണ് ഇങ്ങനെയാണ് ലക്ഷ്മണം പറയുന്നു അപ്പൊ അവിടെ വന്നു ഇനി മുക്തിദശനെ നോക്കുക മുക്തിദശയില് യോഗ്യത്വ അത്യന്താഭാവം ഉണ്ടോ പ്രശ്നമാവും യോഗ്യത്വ അത്യന്താഭാവ ഉണ്ടെങ്കിൽ യോഗ്യത്വ അത്യന്താഭാവം അധികരണമാവും യോഗ്യത്വ അത്യന്താഭാവം അനധികരണമാവത്തില്ല മുക്തിദശയെ പ്രത്യേകം എടുത്തിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ യോഗ്യത്വ അത്യന്താഭാവ അതി അത്യന്താഭാവം കഴിഞ്ഞു വേണം അങ്ങോട്ട് പോവാൻ അത്യന്താഭാവം ഉണ്ടോ ഉം ണ്ടോ ഇല്ലയോ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല ഇപ്പോ പന്തുക്കളിൽ വസ്ത്രം ഇല്ല കപാലത്തിൽ ഘടമില്ല അതിന്റെ അത്യന്താഭാവം ഉണ്ടെന്ന് പറയാൻ പറ്റും പിന്നെന്താ പറയും ശരിയാ പ്രാഗാവം ഉണ്ടെന്ന് പറയാം പിന്നെ എന്തു പറയാം ധംസം പറയാം അത്യന്താഭാവം എന്ന് പറയാൻ പറ്റൂ ധന്തുക്കളിൽ ഘടമില്ലെന്ന് പറഞ്ഞാ പ്രാഗഭാവം പറയാം എന്തു പറയാം ധ്വംസവും പറയാം ധ്വംസം എവിടെയിരിക്കും ആ കപാലങ്ങളിലിരിക്കും അപ്പൊ കപാലത്തിൽ ഘടമില്ലെന്ന് പറഞ്ഞാൽ പ്രാഗഭാവമാകാം തന്തുക്കൾ നൂല് എല്ലാം മാറ്റി തന്തുക്കളുണ്ട് തന്ത നശിക്കണോന്നില്ലല്ലോ അവിടെ പടത്തിന്റെ ധ്വംസം വരെ ഇല്ലേ സംശയമുണ്ടോ അപ്പൊ യോഗ്യത്വത്തിന്റെ ധ്വംസം ഇവിടെ വന്നു മുക്തി ദശയിലെ ആത്മാവിൽ വന്നു അത്യന്താഭാവം ആത്മാവ് അത്യന്താഭാവ അനധികരണത്വം രണ്ടടത്തും ഉണ്ട് രണ്ടുകൂട്ടർ രണ്ടു രണ്ടിടത്തും വന്നു എന്നുള്ളത് താർക്കിക മതമനുസരിച്ച് എങ്ങനെ താർക്കികം പറയുന്നു ഗന്ധവത്വം പ്രതിവിയ ലക്ഷണം എന്ന് പറഞ്ഞു പറയുന്നു ഉത്പത്തി ക്ഷണാവഛച്ഛിന്നമായ അവിടെ ഗന്ധമില്ലാന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഗന്ധപ്രാഗഭാവമേ ഉള്ളൂ എന്ത് പ്രാഗഭാവമാണ് അവിടെ ഗന്ധമില്ല അത് പറയും ശരി അവിടെ ലക്ഷണം സമന്വയിപ്പിക്കുന്നു പൃഥ്വിക്ക് പറഞ്ഞ ലക്ഷണം ഗന്ധവത്വം എന്ന് പറഞ്ഞാൽ എന്ത് ദോഷം വന്നു പൃഥ്വിക്ക് ഗന്ധവത്വം പറഞ്ഞ എന്ത് ദോഷം വന്നു അവ്യാപ്തി ഉത്പന്നക്ഷണത്തിലുള്ള പൃഥിവിയില് ലക്ഷണം സമന്വയിക്കുന്നതിന് അവ്യാപ്തി അപ്പോ ഒരാളൊരു ചോദ്യം ചോദിക്കുമ്പോ അയാളുടെ മറുപടി അനുസരിച്ച് അയാളുടെ ചോദ്യത്തിനനുസരിച്ച് മറുപടി പറയാനേ ബാധ്യതയാവും അയാൾക്ക് മനസ്സിലാവണം ഇല്ലെങ്കിൽ അയാളുടെ സിദ്ധാന്തം തെറ്റെന്ന് അയാൾക്ക് പറയേണ്ടി വീണ്ടും എല്ലാം തകരാറിലാവും അപ്പൊ അവിടെ പറയുന്നത് എന്താണ് ഗന്ധ സമാനാധിക ദ്രവ്യത്വ വ്യാപി അല്ലെങ്കിൽ വിടെ പറയുന്നുണ്ട് ഗുണവത്വ അത്യന്താഭാവ അനധികരണത്വം അങ്ങനെ പറഞ്ഞു ഗുണവത്വ അത്യന്താഭാവ അനധികരണത്വം ദ്വിതീയക്ഷണം പോലെ എന്തുണ്ട് ഗുണവത്വം ഗുണവത്വ അത്യന്താഭാവം എവിടെയുണ്ട് പ്രഥമക്ഷണത്വം ഉണ്ടാ ഇവിടെ പ്രാഗഭാവൂ അപ്പൊ ഗുണവത്വ അത്യന്താഭാവം അവിടെ ഉണ്ടോ ാഭാവ അധികരണമാണോ അത് ഗുണവത്വ അത്യന്താഭാവ അനധികരണത്വം വന്നു ഇനി നിരീക്ഷണത്തിൽ ഗുണവത്വ അത്യന്താഭാവം ഉണ്ടോ ഗുണവത്വ അത്യന്താഭാവ അനധികരണത്വം വന്നോ അത് ശരിയായി എന്താണ് ചോദിച്ചത് ചോദ്യം ഇവിടെ സംസാര ദിശയിൽ എന്താണ് ഏഹ് ഇവിടെ ഗന്ധത്തെടുത്താ മതി യോഗ്യത്വം യോഗ്യത്വ അത്യന്താഭാവം ഉണ്ടോ ഇല്ല യോഗ്യത്വ ഇവിടെ ഇപ്പം പൂർവക്ഷി പറയുന്നത് എന്താണ് നിങ്ങളെ പറയുന്ന ലക്ഷണം മുക്തിദശയിൽ ഇല്ലെന്നാ പറയുന്നു അപ്പൊ പൂർവക്ഷി തന്നെ അംഗീകരിച്ചെന്ത് സംസാരദിശ ഉണ്ടെന്നില്ലെങ്കിൽ ദോഷം അങ്ങനെ പറയും മുക്തിദശയിൽ ഇല്ല അല്ലെങ്കിൽ അവ്യാപ്തി ദോഷം ഞാൻ അർത്ഥം എന്താണ് ലക്ഷണം ഏകദേശത്തിലുണ്ട് ഏകദേശം ഇല്ല മുക്തി ദശയിൽ ഇല്ല പിന്നെ എവിടെയാളുള്ളത് സംസാരദശയിൽ അപ്പൊ അത് പൂർവക്ഷി അംഗീകരിച്ചില്ലേ അവ്യാപ്തി ദോഷം പറഞ്ഞു പൂർവക്ഷിക്ക് സമ്മതമാണെങ്കിൽ പിന്നെ സിദ്ധാന്തിക്ക് എന്താ ബുദ്ധിമുട്ട് തലവേദന പൂർവക്ഷി അസംഭവദോഷം പറഞ്ഞെങ്കിൽ ശരി ഉം അതല്ലോ പറയുന്നു പിന്നെന്താ പറയുന്നത് അഭ്യാപ്തി ദോഷം എന്ന് പറഞ്ഞാൽ സംസാരദശയിലുണ്ട് വ്യക്തമായും പറഞ്ഞെന്താണ് മുക്തി ദശയില്ല അപ്പോഴേ അഭ്യാപ്തി ദോഷം വരും എന്നാ രണ്ടടുത്ത് സമന്യിപ്പിച്ച് കാണിച്ചു കൊടുക്കാം എന്താണ് ഗുണവത്വ അത്യന്ത അനധികരണം എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ സംഗതി ഉം അനധികരണം യോഗ്യത്വ അത്യന്താഭാവ അനധികരണത്വം അത് നോക്കിയാൽ യോഗ്യത്വം കാരണം പറഞ്ഞ ദോഷം മതി ശ്രദ്ധിക്കണം എന്ത് ദോഷം പറഞ്ഞത് വ്യാപ്തി എന്ന് പറഞ്ഞാൽ പൂർവ്വപക്ഷി എന്ത് ചെയ്യുന്നു എന്ന് വെച്ച പറഞ്ഞു നിങ്ങളുടെ മുക്തി ലക്ഷണം സമന്വയി ില്ല അതുകൊണ്ട് വ്യാപ്തി അപ്പൊ സംസാര ദിശയില് കൊണ്ട് അവർക്ക് അഭിപ്രായ വ്യത്യാസം അപ്പൊ ആ ദോഷത്തെ പരിഹരിക്കാന്നുള്ളതാണ് എന്ത് ദോഷം പറഞ്ഞു അത് പരിഹരിക്കുക അപ്പൊ അത് അംഗീകരിച്ചുകൊണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ദോഷം നിങ്ങളുടെ ദ്രവ്യത്തിന് ഗുണവത്വം പറഞ്ഞു ലക്ഷണമായിട്ട് പറഞ്ഞു അത് പൃഥിവിക്ക് ഗന്ധവത്വം എന്ന് പറഞ്ഞാലും ദ്രവ്യത്തിന് ഗുണവത്വം എന്ന് പറഞ്ഞാലും ഒന്നുപോലും ഗുണവത്വം പറഞ്ഞപ്പോൾ ചോദിക്കുന്നു ദ്രവ്യത്തിന്റെ ഉത്പന്ന ലക്ഷണത്തിൽ എന്താണ് അവിടെ ഗുണമില്ലാതുകൊണ്ട് ലക്ഷണത്തിൽ അവ്യാപ്തി ദോഷം എന്ന് പറഞ്ഞ എന്റെ അർത്ഥം ഉത്പന്നലക്ഷണത്തിൽ ഗുണത്തെ അംഗീകരിക്കുന്ന ദ്വീയ ദീക്ഷണങ്ങളിൽ ഗുണത്തെ അംഗീകരിക്കുന്നു എന്നാലേ അവ്യാപ്തി ദോഷം വരും ലക്ഷണത്തിൽ ശരി എങ്ങനെ പരിഹരിക്കും പറഞ്ഞു എന്താണ് ഗുണവത്വ അത്യന്താഭാവ അനധികരണത്വം ഗുണം ഇരിക്കുന്നിടത്ത് ഗുണവത്വ അത്യന്താഭാവമുണ്ടോ അപ്പൊ ഗുണവത്വ അത്യന്താഭാവ അധികരണമാകുമോ ദ്രവ്യം ഗുണവത്വ അത്യന്താഭാവ അനധികണത്വം അത്യന്താഭാവമുണ്ടോ എന്താണുള്ളത് അപ്പോ ഗുണവത്വ അത്യന്താഭാവ അധികരണമാകുമോ ഗുണവത്വ അത്യന്താഭാവ അനധികരണത്വം ഇതെല്ലാം നിങ്ങളുടെ സിദ്ധാന്തം അനുസരിച്ചാണ് അപ്പൊ അവർക്ക് സമാധാനം വന്നപ്പോരേ അല്ല താർക്കികന്മാരുടെ പക്ഷത്തു നിന്ന് ദോഷത്തെ കാണിച്ചു താർക്കികന്മാരാണ് പറയുന്നത് ഇങ്ങനെ ഒരു ദോഷം ഉണ്ടെന്ന് സിദ്ധാന്തി ലക്ഷണം പറയുന്ന ദോഷം പറയൂ വ്യാപ്തി എന്ന് പറഞ്ഞാൽ താർക്കികം പറയുന്ന ദോഷം അസംഭവം എവിടെ പറഞ്ഞു അസംഭവം പറഞ്ഞില്ലല്ലോ അഭ്യാപിയല്ലേ പറഞ്ഞല്ലോ അസംഭവം എന്ന ആര് പറഞ്ഞു ശിസ് ആചാര്യം പറയുന്നത് നൈയായിക പക്ഷത്തു എന്നുള്ള ദോഷം സ്വന്തം പക്ഷത്ത് ദോഷം ഒന്നുമില്ല സ്വന്തം പക്ഷത്ത് പറഞ്ഞില്ലേ സ്വച്ഛ സുപ്രകാശ അത് തന്നെ ലക്ഷണമാണെന്ന് വെച്ചാൽ ഈ പതിനൊന്നിന് ലക്ഷണമാണ് സ്വന്തം പക്ഷത്തിന് ഒന്നല്ല പതിനൊന്ന് ലക്ഷണമാണ് എങ്ങനെ അതാര പറയണം അത് താർക്കിന് അല്ലേ പറയണ്ടത് ഇത് അസംഭവദോഷമാണോ നമുക്കിത് ആര് പറയുന്നു എന്നുള്ളതാണ് പൂർവ്വപക്ഷി ആരെന്നുള്ളതാണ് അദ്വൈതീന പൂർവപക്ഷം പറയണം ദുരന്താചാര്യം തന്നെയാണോ ആ താർക്കിയമാരുടെ അഭിപ്രായം വെറുതെ അങ്ങ് പൂർവ്വം പറയണോ ഏ അല്ല ഇപ്പൊ ഇവിടെ വന്നു പറയാൻ ഗ്രന്ഥകർത്താവേ ഉള്ളൂ പറയുന്നത് താർക്കിയുടെ അഭിപ്രായം പിന്നെ ഇനി അവർ വന്ന് ബാക്കി ഇത്രയും ഭാഗം അവർ വന്ന് എഴുതണോ നടക്കുന്ന കാര്യ എങ്ങനെ അത് തീർന്നില്ലല്ലോ തുടങ്ങിയില്ലേ ഉള്ളു ഇപ്പഴേ തുടങ്ങുമ്പം തന്നെ തീർക്കാൻ പറ്റുമോ ഇനി എന്തെങ്കിലും ദോഷം പറയുമോ അതിനവിടെ സമാധാനം പറയും ദോഷം പറയുന്നു സമാധാനം ഇങ്ങനെ പറയും ഇനി താർക്കിയും പറയണേ ശരി ഈ പറഞ്ഞ ദോഷം ഉണ്ടെങ്കിൽ അപ്പൊ പറയും ഇതുകൊള്ളാം ഈ തുടക്കത്തിൽ തന്നെ തീർക്കണമെന്ന് വെച്ചാൽ ഇന്നുകൊണ്ട് ഈ പരിപാടി നമ്മുടെ പരിപാടി തീരും നാളെ തന്നെ ഇതിന് സുഖിയിൽ ചർച്ചയില്ല ശരിയായ താർക്കിയും വരുമെന്ന് ഇനി നമുക്ക് നോക്കാം ഇതിപ്പം ശരിയല്ലെന്നാരും പറഞ്ഞു തർക്കീയൻ ശരിയല്ലെന്നാരും പറഞ്ഞു തർക്കീയ സിദ്ധാന്തം അനുസരിച്ചല്ലേ ഈ പറയുന്ന കാര്യങ്ങൾ അത് തർക്കി ശരിയല്ലെന്ന് ആർക്ക് പറയാൻ പറ്റും അതായത് എന്താണോ ഗുണവത്വം ദ്രവീയ ലക്ഷണം പറഞ്ഞപ്പോ ഈ പ്രശ്നം വന്നോ അതിന് പരിഹാരം പറഞ്ഞ് താർക്കീയനല്ലേ നോക്ക് അതൊക്കെ അദ്വീതി പറയുന്നല്ലേ താർക്കീയം പറയുന്ന കാര്യം പൂർവ്വവർഷം പറയുമ്പോൾ അവിടെ അദ്വൈതം പറയുന്നു എന്തിനാണ് അതിനാ താർക്കിയൻ എന്ത് പൂർവർഷം പറയുന്നു അദ്വൈനം എന്ത് സമാനം പറയുന്നു എന്നുള്ളതാണ് ഇത് താർക്കിയൻ പറയുന്നത് അദ്വൈതമല്ലാന്ന് പറഞ്ഞാൽ അദ്വൈതം താർക്കീം പറയൂ നമുക്കത് അംഗീകരിച്ചാൽ പിന്നെ ചോദ്യം ഇല്ലല്ലോ ബ്രഹ്മൻ നരന്തർമകമാണ് സ്വപ്രകാശമാണെന്ന് താർക്കിയനും അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചോദ്യമില്ല പ്രശ്നം തീർന്നു ചർച്ച ചെയ്തേ അവ്യാപ്തി ദോഷം കാണിച്ച് അത് അംഗീകരിച്ചോണ്ടല്ല എന്താണ് അദ്വൈതി പറയുന്ന എന്താണ് യോഗ്യത്വം എന്ന് നിങ്ങൾ പറയുന്നതിന് നിങ്ങളൊരു ധർമ്മമായി എടുക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സിദ്ധാന്തം അനുസരിച്ച് പറയുന്നു താർക്കിന്റെ സിദ്ധാന്തം അനുസരിച്ചല്ലോ താർക്കിൻ പറയുന്നു നിങ്ങളുടെ സിദ്ധാന്തം അനുസരിച്ച് മോക്ഷദശയിലുണ്ടോ അദ്വൈതിയോട് ആര് പറയുന്നു യും പറയുന്നു സംസാര ദിശയില് അങ്ങനെ പിന്നെ അവ്യാപ്തി എന്തിനു പറഞ്ഞു അവ്യാപ്തി അദ്വീതി അല്ലല്ലോ പറഞ്ഞത് ശിസുകാചാര്യം പറയുന്നത് സ്വന്തം അഭിപ്രായം അല്ല പൂർവപക്ഷണം എന്ന് പറയുന്നത് സ്വന്തം അഭിപ്രായമാണോ നവിനെ സിദ്ധാന്തം പൂർവപക്ഷം പിന്നെന്താ വ്യത്യാസം എല്ലാ പൂർവപക്ഷവും സിദ്ധാന്തവും ഓരോരോ പ്രാഭാകരൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നൊരു പൂർവക്ഷം വന്നു അത് ഈ ഗ്രന്ഥത്തിൽ ശിശുകാചാര്യല്ല ആരും എഴുതും പ്രാഭാകരം വന്നെഴുതുന്നു ഇതാരാ ഈ ഗ്രന്ഥം എഴുതിയത് ഇത് ഒരാളുടെ പൂർവർഷം ശിശുവാചാരി എഴുതാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ചർച്ച നടക്കും എന്താ പറയുന്നില്ല താല്പര്യം ഇങ്ങനെ ഒരു പൂർവക്ഷം പാടില്ലെന്നാണ് പിന്നെ ഏ അത് തുടങ്ങി ഇതിപ്പോ ഇന്ന് തന്നെ ചർച്ച നോക്കി തീർക്കണോ ഇനി അസംഭവം വരുമോ അത് ഇനി നോക്കേണ്ട കാര്യമില്ല ഇനി ഈ ചർച്ചയെല്ലാം തീർന്നതിന് ശേഷം പൂർവർഷം ബാക്കി ഉണ്ടെങ്കി അപ്പൊ പറയണം തുടക്കമെന്നെ അതെന്ത് പറഞ്ഞില്ല ഇതെന്ത് പറഞ്ഞില്ലാന്ന് ചോദിച്ചാ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്താ നിങ്ങളുടെ ശരിക്കുള്ള ഉദ്ദേശ്യം എന്താണോ ശിശു ആചാര്യം പോരെന്നാണോ ശരിയെന്നാ നിങ്ങളെ എന്നെ പൂർവോക്ഷവും സിദ്ധാന്തവും പറയും ശരിയാണെന്ന് ചോദിച്ചാൽ തുടങ്ങുന്നു ശരിയല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എന്തിനായി പതിനൊന്ന് ലക്ഷണം പറഞ്ഞു ഓരോന്നിനും ദോഷങ്ങളുണ്ടല്ലേ അടുത്തടുത്ത് പറഞ്ഞത് അതെ ഇനി പതിനൊന്നാമത്തെ ലക്ഷണത്തിൽ ഇത്രയേ ഉള്ളു ഇനി ചർച്ച തീർന്നോ ഏ ഇനി ചർച്ചയില്ലേ ബാക്കിയുള്ള കേക്ക് ഇത് ശരിയല്ലെന്ന് പറഞ്ഞ ബാക്കിയുള്ള കേക്കാൻ നിങ്ങൾ തയ്യാറല്ലേ ഇനി പറയുന്ന എന്താണെന്ന് മനസ്സിലാക്കാതെ പറയണേ ശിസ്വകാര്യം ശരിയല്ലെന്ന് അത് സ്ഥിതിയിലേക്ക് പോവാം റെഡി ഞാൻ റെഡി കുഴപ്പമൊന്നുമില്ല ദ്യം ചെസ്സുകി അദ്വൈത സദ്യ ഇതാണ് ക്രമം ഖണ്ഡനഖണ്ഠകാദ്യത്തിന് വ്യാഖ്യാനം വേണ്ടിയ ആളാണ് ചസ്സുകാചാര്യൻ ശിശുഖാചാര്യനെ നിങ്ങൾക്ക് ഖണ്ഡിക്കണമെങ്കിൽ ഇത് മുഴുവൻ പഠിക്കണം കണ്ടിച്ചിട്ട് പ്രശ്നം എഴുതി തുടങ്ങുമ്പോ ശരിയല്ലെന്ന് പറഞ്ഞാ പിന്നെ എങ്ങനെയാ ബാക്കി എങ്ങനെയാണ് ചർച്ച ചെയ്യും ഏ നോക്ക് ബാക്കി വരാൻ പോകുന്ന കാര്യമല്ലേ ഇത് കണ്ടത് ഞാൻ ഇപ്പൊ തുടക്കത്തില്ല ഇത് വരാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനം പറയണെന്ന് പറഞ്ഞ ഞാനെന്ത് ചെയ്യും അത് എനിക്കും കഴിയത്തില്ല ചിസുഖാചാര്യനും കഴിയത്തില്ല ഒരാചാര്യനും കഴിയത്തില്ല ഏ നിങ്ങൾക്കൊക്കെ കഴിയൂ വേറെ ആർക്കും കഴിയുന്ന കാര്യമല്ല ഇത് ഒരു എന്താണ് ആവശ്യമില്ലാത്ത നിർബന്ധം പിടിക്കരുത് വാച്ചി പിടിക്കരുത് കുറച്ച് ക്ഷമ വേണം ഇന്നലെ കാര്യം പറ്റൂ അസംഭവദോഷം വരുമോ നോക്ക് നോക്കാം വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ പറയുക ഇത്രയും പറഞ്ഞു എന്തുകൊണ്ട് അസംഭവം പറഞ്ഞില്ല ഏ അതെയല്ലേ അതെ അത് തന്നെയാണ് താറക്കുന്നതിന് മുമ്പ് പിടക്കിയാണ് അതൊന്നും നടക്കരുത് കുറച്ച് ക്ഷമിക്കുക എന്താ പറയുന്നതെന്ന് അറിയാതെ ഈ പറഞ്ഞതിലും നമ്മളെ ചിന്തിക്ക ഈ പറഞ്ഞതിൽ എന്താണ് ദോഷം അത് ചിന്തിക്കുക പറയാത്തതിന് ദോഷം ചിന്തിക്ക നമ്മളൊരാ പറഞ്ഞൊരു ദോഷം തന്നെ ഉണ്ടെങ്കിൽ കാണിച്ചു തരുക ശരിയാണോ